ഒരു ദിവസം ഭഗവാന്റെ ഒരു ജന്മനക്ഷത്ര ദിവസം അവിടെ ഉള്ളവരെയൊക്കെ വിളിച്ച് ഒരു സദ്യയൊക്കെ കൊടുക്കാനായി തീരുമാനിച്ച് അടുക്കള ജോലിയിൽ വ്യാപൃതയായിരുന്ന യശോദ കുട്ടിയെ അവിടെ ഉമ്മർത്താക്കിയിട്ട് അടുക്കള ജോലി ചെയ്യാം അപ്പോ കുട്ടി വിശന്നിട്ട് കരഞ്ഞ് കാലൊന്നു കൊതറി അപ്പൊ അടുത്തുണ്ടായിരുന്ന ഒരു വണ്ടി ശകടം വിപാടിതം വണ്ടി പൊട്ടി ചുവട്ടില് വീണു ശകടാസുരൻ ഈ ശബ്ദം കേട്ട് എല്ലാരും ഓടി വന്നു കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു ഇതെങ്ങനെ സംഭവിച്ചു കസ്കോനു കൗതസ്കുതേഷ വിസ്മയ വിശങ്കടം യകടം വിപാടിതം ഒരു കാരണവും കാണാനില്ല കുട്ടികൾ പറഞ്ഞു ഈ കുട്ടിയാണത് ആ കണ്ണനാണ് ഈ കാല് അങ്ങോട്ട് കുറഞ്ഞപ്പോ ഈ വണ്ടി പൊട്ടിയത് കുമാരകസ്യാസ്യ പയോധരാർത്ഥിനാല് കുടിക്കാൻ ആശയിച്ച കാല് കൊടഞ്ഞപ്പോ വണ്ടി പൊട്ടിയതാണ് അതാരും വിശ്വസിച്ചില്ലാന്ന് ആദ്യം പൂതനയെ വധിച്ചു ഒരു ജീവൻ ആദ്യം ഏർപ്പെടുന്ന തടസ്സമാണ് പൂതന ആത്മസാക്ഷാത്കാരത്തിന് ആദ്യം ഏർപ്പെടുന്ന തടസ്സം മുലപ്പാലലും വിഷം അതായത് ജന്മനാ കൊണ്ടുവരുന്ന ചില ദൂഷ്യം വാസനകൾ രണ്ടാമത് ശകടം ജഡമായ വണ്ടി വണ്ടി ഈ ശരീരം തന്നെ വണ്ടി ആ വണ്ടിയോടുള്ള ബന്ധവിച്ഛേദമാണ് വണ്ടിയെ പൊട്ടിക്കല് മൂന്നാമത് പ്രാണനാണ് തൃണാവർത്തൻ കൊണ്ടുപോയി തൃണാവർത്തൻ പൊക്കിക്കൊണ്ടുപോയി വായു വാത്യാരൂപധരഹ ആ തൃണാവർത്തൻ മേൽപ്പെട്ട കൊണ്ടുപോയതോടെ മേലെ കുട്ടിയെ പൊക്കിക്കൊണ്ടുപോയി കുട്ടി എങ്ങടെ കഴുത്തിൽ പിടിച്ചു തൃണാവർത്തന്റെ കുഞ്ഞുങ്ങളെ എപ്പോഴും കയ്യിലെടുത്താൽ ഒക്കത്തെടുത്താൽ കുട്ടി ഇങ്ങനെ കഴുത്തില് കൈയിട്ട് പിടിക്കും എന്നിട്ട് തൃണാവർത്തൻ വിട്ടാലും കണ്ണം വിടുന്നില്ല ഇവൻ പറയണത് എന്റെ സ്വഭാവം അങ്ങനെയാണെന്നാണ് ആരെങ്കിലും എന്നെ പിടിച്ചാൽ പിന്നെ ഞാൻ അവരെ പിടിക്കും പിന്നെ അവര് വിട്ടാലും ഞാൻ വിടില്ല അങ്ങനെ തൃണാവർത്തന് ഭഗവാന്റെ ഗരിമ സഹിക്കാൻ വയ്യാന്നാണ് ഘനം ഘനം സഹിക്ക വയ്യാതെ മേലേന്ന് ചോട്ടലേക്ക് വീണു ചോട്ടല് വീണ് പാറപ്പുറത്ത് വീണു ഗ്രാമപ്രപാദ പരിപിഷ്ട ഗരിഷ്ടദേഹ ഭ്രഷ്ടാസു ദുഷ്ട ധനുജോ പരിധൃഷ്ടഹാസം അവൻ പാറപ്പുറത്ത് വീണ് തലപൊട്ടി മരിച്ചു അപ്പോഴും കുട്ടി യാതൊരു വിധത്തിലും ദുഖിക്കാതെ ചിരിച്ചുകൊണ്ട് അസുരന്റെ മേലെ കിടക്കണു കുട്ടിയെ അവിടുന്ന് ഗോപസ്ത്രീകൾ എടുത്തുകൊണ്ടുവന്നു അജ്ഞാനമംബുജകരേണ ഭവന്ത ഗോപാധ ദുർഗിരിവരാധി വനീല ഒരു നല്ല പർവ്വതങ്ങളിലൊക്കെ രത്ന സഞ്ചയങ്ങൾ ഉണ്ടാവും പർവ്വതത്തില് തെരഞ്ഞ്പ് നടന്നാൽ ചിലപ്പോൾ രത്നം കിട്ടും അത് കൊണ്ടുവരുന്ന പോലെ ഗോപസ്ത്രീകൾ ഈ തൃണാവർത്തൻ ഒരു പർവ്വതം പോലെ കിടക്കണു ആ പർവ്വതത്ത് നിന്നും ഒരു നീലരത്നം പൊക്കിക്കൊണ്ടു വന്നു എന്നാണ് നീലക്കല്ല് കൊണ്ടുവന്നു നീലക്കല്ലാര കണ്ണൻ നീലക്കല്ല് ആ നീലക്കല്ല് അവിടുന്ന് എടുത്തോണ്ട് വന്നു ഗോപാധ ദുർഗിരി വരാദിവനീലരത്നം ആജ്ഞാനം അംബുജകരേണ് ആടി ആടി ആടി ഓരോ ഗോപസ്ത്രീകളുടെ കയ്യിൽ ഒരു ഗോപസ്ത്രീയുടെ കൈന്ന് ഒരു ഗോപസ്ത്രീയുടെ കയ്യിലേക്ക് ഇങ്ങനെ പുഷ്പത്തിൽ നിന്ന് പുഷ്പത്തിലേക്ക് പറന്നു പോകുന്നു വണ്ടുപോലെ കൃഷ്ണൻ ഇങ്ങനെ പോയി ഗോവിന്ദൻ തന്നെ ഞങ്ങളുടെ കുട്ടിയെ രക്ഷിക്കണം എന്ന് ഭഗവാനെ ഭജിച്ചു അത്ര പേര് ഗോപസ്ത്രീകൾ ഈ സമയം ഭഗവാന് നാമകരണം ചെയ്യണം വസുദേവർ ഗർഗാചാര്യരെ വിളിച്ചു പറഞ്ഞു ഗോകുലത്തിൽ പോയി എന്റെ കുട്ടികൾക്ക് നാമകരണം ചെയ്യണം രണ്ട് എടയച്ചക്കന്മാരായിട്ട് വളരെയാണ് അവിടെ പോയിട്ട് നാമകരണം ചെയ്യണം എന്നോന്ന് ഗർഗാചാര്യർ വസുദേവൻ യശോധർ നന്ദഗോപരയുടെ ഗൃഹത്തിലേക്ക് വന്നു ഇവിടെ വന്ന് നന്ദഗോപര് ഗർഗാചാര്യരെ കണ്ടതും പരമഭക്തിയോടെ നമസ്കരിച്ച് പൂജിച്ച് ആനയിച്ച് ഗർഗാചാര്യരോട് എന്റെ കുട്ടികൾക്ക് പേര് വെക്കണം അങ്ങ് നാമകരണം ചെയ്യണം ഗർഗാചാര്യർ പറഞ്ഞു ഞാൻ നാമകരണം ചെയ്താൽ വസുദേവരുടെ കുട്ടിയാണോന്ന് സംശയിക്കും കംസ് വേണ്ട രഹസ്യമായിട്ട് ചെയ്യാം ആദ്യം മൂത്ത കുട്ടിയെ വിളിച്ച് വടിയിലിരുത്തി അല്ല കൊഴുകൊഴുന്നുണ്ട് സ്വർണം പോലത്തെ ശരീരം മനസ്സിന് നല്ല ആനന്ദം തോന്നുന്നു അവനെ കാണുമ്പോൾ അതുകൊണ്ട് രാമ പിന്നെ പരശുരാമൻ ശ്രീരാമൻ വ്യത്യാസം അറിയണമല്ലോ അതുകൊണ്ട് ബലൻ ബലമുള്ളത് കൊണ്ട് ബലരാമ ബലാധിക്യാത് ബലം വിദു സങ്കർഷണ ഇങ്ങനെയൊക്കെ പേര് വെച്ചു രണ്ടാമത്തെ കുട്ടിയെ അടുത്തു വിളിച്ചു കഥമസ്യ നാമ ഗുർവേ സഹസ്രനാമനാ ഹി അനന്തനാമനോവ നാമ നാമരഹസി വിഭോ ഇതെന്ത് ശ്ലോകം വൃത്തമേയില്ലേ അതാണ് ഗീതി എന്ന് പറയുക ഗീതി വൃത്തം അതായത് വ്യാകരണത്തിലെ വ്യുത്പത്തി പറയണ പോലെ തന്നെ ഉള്ള വൃത്തം പേരിടുന്ന സമയത്ത് ഈ പേര് എവിടെ നിന്ന് വരണമെന്ന് പറയുമ്പോൾ പദ്യമല്ല ഗദ്യം പോലെ തന്നെ ഉള്ള പദ്യം എന്താ പേര് ഇവൻ ഓരോ ജന്മത്തിൽ ഓരോ വർണ്ണത്തിൽ അവതരിച്ചിട്ടുണ്ട് ശുക്രോ രക്ത തഥാപീത അധുനാ കൃഷ്ണതാം ഗത ഒരിക്കൽ വെളുത്തിട്ട് അവതരിച്ചു ഒരിക്കൽ ചോന്നിട്ട് അവതരിച്ചു ഒരിക്കൽ മഞ്ഞ നിറത്തിൽ അവതരിച്ചു ഇപ്പൊ കറുത്തിട്ട് അവതരിച്ചത് അതുകൊണ്ട് നമുക്ക് കറുപ്പ് സ്വാമിന്ന് പേര് വയ്ക്കാം അധുനാ കൃഷ്ണതാം ഗതഹ എന്നാണ് കൃഷ്ണഹ എന്നുള്ളതിന് അങ്ങനെയല്ല അർത്ഥമെങ്കിലും ഗംഗാചാര്യർ അങ്ങനെയ അർത്ഥം പറഞ്ഞു ഭാഗവതത്തിൽ അധുനാ കൃഷ്ണതാം ഗതഹ എന്താ പുറത്ത് അറിയാൻ പാടില്ല ഭഗവാൻ അറിയാൻ പാടില്ല അതിനുവേണ്ടി കൃഷ്ണതാം ഗത ഇവിടെ ഭട്ടതിരി അതിനെ വ്യാഖ്യാനം ചെയ്തു കൃഷിദാന്തു നഗാരാഭ്യാം സത്താനന്ദാത്മകാംപത്ത് ഇങ്ങനെയാണ് പോയിട്ടി എന്ന് വെച്ചാൽ ആർക്കും എഴുതാം അല്ലെ അപ്പൊ അതാണ് ഗീത് ഗീതി വൃത്തം അത് ആര്യ ഗീതി ഇതൊക്കെ ഇതുപോലെ ഉണ്ടാവും അതായത് അതൊക്കെ ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഈ വൃത്തത്തിൽ എഴുതും അത് ഭട്ടതിരി അതുകൊണ്ട് ഇവിടെ പേരിന്റെ വ്യുപത്തി പറയാനായിക്കൊണ്ട് ഈ വൃത്തം ഉപയോഗിച്ചു കൃഷി ധാതു നകാരാഭ്യം കൃഷി എന്നുള്ള ധാതു സംസ്കൃതത്തിൽ എല്ലാത്തിനും ധാതു ഉണ്ട് ധാതു റൂട്ട് റൂട്ടുണ്ട് ഓരോ പേരും എവിടുന്ന് വന്നു എന്ന് പറയാം വേറെ ഒരു ഭാഷയിലും നമുക്ക് അത്ര കണ്ട് പേരുകൾക്കുള്ള റൂട്ട് പറയാൻ പറ്റില്ല അങ്ങനെ നോക്കുമ്പോ എല്ലാ പേരിനും ഒരു റൂട്ടുണ്ട് ബാക്കിയുള്ള ഭാഷകളിലൊക്കെ ഇപ്പൊ ഇംഗ്ലീഷിലുമൊക്കെയുള്ള പേരുകൾക്ക് പോലും സംസ്കൃതത്തിൽ നമ്മൾ റൂട്ട് കണ്ടുപിടിക്കേണ്ടി വരും ഇംഗ്ലീഷ് ലാറ്റിൻ ജർമൻ ഈ ഭാഷകളൊക്കെ തന്നെ ഒരേ ഫാമിലിയിൽപ്പെട്ട ഭാഷകളാണ് സംസ്കൃതം എല്ലാം ഇതിനൊക്കെ റൂട്ട് സംസ്കൃതത്തിൽ കണ്ടുപിടിക്കാം മദർ മദർ എന്നുള്ള വാക്ക് സംസ്കൃതത്തിൽ വേണം റൂട്ട് കണ്ടുപിടിക്കാൻ മാതൃ സിസ്റ്റർ സ്വസ് ക്രിയേഷൻ ക്രിയാ കൃ ധാതു സംസ്കൃതത്തിൽ അങ്ങനെ എത്ര വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു പോവാം സമ സെയിം അങ്ങനെ ധാരാളം വാക്കുകൾ നമുക്ക് കാണാം ഇതൊക്കെ ഒരേ കുടുംബത്തിൽ പെട്ട ഭാഷകള് അപ്പോ ഇതിന് റൂട്ട് വേര് കൃഷി എന്നാണ് ധാതു കൃഷ്ണ എന്നുള്ള നാമത്തിന് കൃഷി ധാതു കൃഷി എന്ന് വച്ചാൽ ആകർഷിക്കാൻ അർത്ഥം ജഗത് അകർഷ ജഗത് പാപമൊക്കെ ഇല്ലാതാക്കി തന്നിൽ ആകർഷിച്ച ആളുകളുടെ വാസനകൾ ഇല്ലാതാക്കുന്നവനാണ് കൃഷ്ണൻ എല്ലാത്തിനെയും ആകർഷണം ചെയ്യുന്നത് കൃഷ്ണ കൃഷി ധാതു എന്നിട്ടോ ആനന്ദത്തിനെ കൊടുക്കുക എന്നുള്ളതിനാണ് ആ നഗാരം പ്രയോഗിച്ചത് നഗാരം കൊണ്ട് സത്ത ആനന്ദം എന്ന രൂപത്തെ ബോധിപ്പിക്കുന്നു ആനന്ദത്തിനെ കൊടുത്ത് തന്നിലേക്ക് ആകർഷിക്കുന്നത് വളരെ നിഗൂഢമായ നാമം എല്ലാവരുടെ ഉള്ളിലുമുള്ള വസ്തു എല്ലാവർക്കും ആനന്ദത്തിനെ കൊടുക്കണം പല രീതിയിലും സച്ചിദാനന്ദമയമായ വസ്തു അപ്പോ കൃഷ്ണ എന്നുള്ള നാമത്തിന് ബ്രഹ്മം എന്നർത്ഥം കൃഷിഭൂവാചകശബ്ദ നശ്ചൃത്തിവാചക തയോരൈക്യം പരം ബ്രഹ്മ കൃഷ്ണയുത്യവിധീയത്തെ മഹാഭാരതത്തിൽ ഭീഷ്മർ പറയണു കൃഷ്ണനാമത്തിന്റെ അർത്ഥം അങ്ങനെ നാരായണെന്നും നാമം പറഞ്ഞു വസുദേവന്റെ മകനായതുകൊണ്ട് വാസുദേവൻ ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞു അർത്ഥം അറിയാതിരിക്കാൻ വേണ്ടി പുറമേക്ക് അറിയാതിരിക്കാൻ ഇങ്ങനെ കൃഷ്ണനാമം പറഞ്ഞ് കൃഷ്ണനെ ആര് ഭക്തി ചെയ്യുന്നുവോ പ്രേമിക്കുന്നുവോ അവര് മായകൊണ്ട് മോഹിക്കില്ല അത് ഭഗവാൻ എന്ന് പറഞ്ഞില്ലേ അങ്ങയുടെ പുത്രൻ ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞ് ഗർഗാചാര്യർ അവിടുന്ന് പോയി അത് കഴിഞ്ഞതോടുകൂടെ കുട്ടികള് പതുക്കെ ബാലലീലകളൊക്കെ തുടങ്ങി ഭഗവാൻ അയ്യസലമുരാരേ പാണിജാനുപ്രചാരീ ഭൂഷയന്ത ചലിതചരണ കഞ്ചൗ മഞ്ജു മഞ്ജീര ശിഞ്ചാ ശ്രവണകുതുക ചേരതുശാരു ഐ സബലമുരാരേ ബലരാമനോട് കൂടിയിട്ടുള്ള കണ്ണൻ പാണിജാണുപ്രചാരീ കൈയ്യും മുട്ടും കുത്തി നടക്കാൻ തുടങ്ങി കിമവിഭവന ഭാഗാൻ ഏതെങ്കിലുമൊക്കെ വീട്ടിലൊക്കെ കാണു അത്രേ കുട്ടികളെ അവരവരുടെ വീട്ടിൽ മാത്രമല്ല കിമവിഭവന ഭാഗാൻ കുട്ടിയെ വിട്ടുകഴിഞ്ഞാൽ അടുത്ത വീട്ടുകളിലൊക്കെ പോകും ആ വീട്ടിനൊരലങ്കാരമേ ഈ കുട്ടി അവിടെ പോയി നിൽക്കണം കിമവിഭവനഭാഗാൻ ഭൂഷയന്തൗവന്തൂ ചലിത ചരണകഞ്ചൗ പാദപത്മങ്ങൾ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോ മഞ്ജുമഞ്ജീര ശിഞ്ചാശ്രവണ് കാലിലുള്ള പാദസരങ്ങൾ അങ്ങനെ ചില ചില ചിലന്ന് ശബ്ദം ഉണ്ടാക്കുമ്പോ കുട്ടികളെങ്ങനെ കൗതുകം കൊണ്ട് എവിടുന്നാ ശബ്ദം വരണത് നിന്നിട്ട് നോക്കുക നോക്കിയാൽ കാണുവോ കാണലേ പിന്നെ നടക്കും നടക്കുമ്പോ ചില ചിലന്ന് ശബ്ദം കേൾക്കും അപ്പൊ നിന്നിട്ട് തിരിഞ്ഞു നോക്കും നോക്കുമ്പോ കാണല അപ്പോ ചേരതുവേഗാ അപ്പൊ ചിരിക്ക മൃദു മൃദു പതുക്കെ പതുക്കെ പതുക്കെ മന്ദഹാസൻ പൊഴിക്കുമ്പോ ചിരിക്കുമ്പോ ഉന്മിഷദ്വന്തവ രണ്ടുപേർക്കും ഓരോ പല്ല് ആയിരുന്നു ഉന്മിഷദ്ദന്തവന്തൂ കൊച്ചു പല്ല് മുല്ലമൊട്ടുപോലുള്ള പല്ലുകള് വതനപതിതകേശൂ ദൃശ്യപാദബ്ജദേശൂ മുഖത്ത് അങ്ങനെ കുറുനിരകൾ ഇങ്ങനെ വീണ് കിടക്കുന്നു ഭുജകളിതകര മതിമഹരമുച്ചവരെങ്ങനെ മുട്ടുകുത്തി നടക്കുമ്പോൾ വീട്ടിലുള്ളവർ മാത്രമല്ല കണ്ടത് വിശ്വത്തിലുള്ളവരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു വിശ്വപുരുഷന്മാരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു അവരുടെയൊക്കെ ചിത്തത്തിന് ഹാത് ആകർഷിച്ചുകൊണ്ട് അങ്ങനെ മുട്ട കുത്തി നടന്നു കാണുന്നവർക്കൊക്കെ ആനന്ദം കൊടുത്തുകൊണ്ട് നടന്നു പുറകേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടും ഭാഗവിതത്തിൽ പറഞ്ഞു ഈ കുട്ടികളെ വെച്ചുകൊണ്ട് യശോദയും രോഹിണിയും ഒന്ന് ബുദ്ധിമുട്ടി കുറച്ചു തീ കണ്ടാ അതിനെ പിടിക്കാൻ പോവാം വാഴ കത്തി കണ്ടാ അതിനെ ചെന്ന് തൊടുക ശൃംഗി കൊമ്പുള്ള മൃഗങ്ങൾ പശുക്കുട്ടിയെ കണ്ടാൽ രണ്ടു കൊമ്പ് കണ്ടാൽ ഇടയെക്കൂടെ തലയിട്ട് നോക്കിയാൽ വേണ്ടില്ലാന്ന് തോന്നും പൂച്ചക്കുട്ടിയെ കണ്ട പിടിച്ചിരുത്തിയിട്ട് വായിലെത്ര പല്ലുണ്ടെന്ന് എണ്ണി നോക്കാം ദംഷ്ട്രി കൊളം കണ്ടാൽ അതിലേക്ക് ചാടും ഇങ്ങനെ കുട്ടികളെ വെച്ചുകൊണ്ട് നോക്കുക എന്നുള്ളത് തന്നെ അമ്മമാർക്ക് അതിലൊരു വിഷമം കൊണ്ടു മനസ് എപ്പോഴും അവിടെ നിൽക്കണം അങ്ങനെ ഒരു ധ്യാനം കുട്ടിക്ക് പതുക്കെ നടക്കാൻ പഠിക്കണമല്ലോ തതനു ചരണചാരീതാരകൈ ഹിസ്സാക നിലയതതിഷുഖേലൻ നടക്കാൻ വണ്ടി വേണം കുട്ടികൾക്കല്ലേ നടവണ്ടി പിടിച്ചുകൊണ്ട് നടക്കാൻ ഇവിടെ ആരാ നടവണ്ടി എന്ന് ഒരു കടാവ് കടാവ് വന്ന് നിക്കും കടാവിന്റെ വാല് പിടിച്ചിട്ട് എഴുന്നേറ്റ് നിന്ന് കടാവ് രണ്ടടി വെച്ചാൽ കുട്ടി രണ്ടടി വെക്കും അപ്പൊ കിടാവിന്റെ വാല് പിടിച്ചുകൊണ്ടാണ് കണ്ണം നടക്കാൻ പഠിക്കണത് അങ്ങനെ കുട്ടികളെ കുട്ടിക്കാലം മുതൽ പശുവിനോടും പശു കുട്ടികളോടും കൂടെ കളിച്ചു തന്നെയാണ് വളരുന്നത് വീട്ടിലുള്ള തത്തം പൂച്ച ഇതിനെയൊക്കെ പിടിക്കാനായിട്ട് ഓടുക ഇങ്ങനെയൊക്കെ ബാലലീലകൾ ചെയ്തുകൊണ്ട് ഈ കുട്ടികളുടെ പുറകെ നടന്നിട്ട് വികളിത ഗൃഹകൃത്യാ വിസ്മൃതാപത്യവൃത്യാ ആ ഗോപസ്ത്രീകളൊക്കെ തന്നെ വിവശപതിതനെത്ര വേണ്ടാന്ന് വെച്ചാലും കണ്ണ് ഇവരുടെ മേലെ ചെന്ന് വീഴും കണ്ണിവരുടെ മേലെ ചെന്ന് വീണതിന്റെ പ്രയോജനം എന്താണ് എന്ന് വച്ചാൽ വികളിത ഗൃഹകൃത്യാ ഈ കുട്ടികളെ നോക്കി നോക്കി നോക്കി വീട്ടുകാര്യങ്ങളൊക്കെ പോയി പത്യഭൃത്യ അവരവരുടെ ഭാര്യ ഭർത്താക്കന്മാരെയും കുട്ടികളെയും ഒക്കെ മറന്നു ഇതാണ് അത്ര ഭക്തിയുടെ ലക്ഷണം ഭ്രമരഗീതത്തിൽ ഗോപസ്ത്രീകൾ പറയാൻ പോളെ ഇവന്റെ കഥ കേട്ട് കേട്ട് കേട്ട് ഇതിൽ രസിച്ച് രസിച്ച് വീടൂല്ല കുടുംബവും ഇല്ല കുട്ടികളുമില്ല ജോലിയുമില്ല എല്ലാം പോയിട്ട് തെണ്ടിത്തിരിഞ്ഞു നടക്കണു ആളുകൾ ഭിക്ഷാന്തേഹികളായിട്ട് വിസ്മൃതാപത്യമി കൃതഹാസീ അങ്ങനെ ഇരിക്കുമ്പോ പതുക്കെ കുട്ടികൾ നടക്കാൻ തുടങ്ങി അടുത്ത വീട്ടുകളിലേക്കൊക്കെ പോവാൻ തുടങ്ങി അടുത്ത വീടുകളിലേക്കൊക്കെ ഓടി ഓടി പോകും പ്രതി നവനവനീതം ഗോപികാദത്ത ഇവിടെ പെട്ടതിരി അത് കുറച്ച് കുറച്ച് മാറ്റി അടുത്ത വീടുകളിലേക്ക് പോകുമ്പോൾ ഗോപസ്ത്രീകളായി വിളിച്ച് വെണ്ണ കൊടുക്കും കളപദമുപകായൻ കൃഷ്ണ ഒരു പാട്ട് പാടുവോ അവർക്ക് വേണ്ടി അവന് അറിയണ പാട്ടൊക്കെ പാടാൻ തുടങ്ങും കളപദമുപകായൻ ഒന്ന് ഡാൻസ് കളിച്ചാൽ വെണ്ണ തരാം ക്വാബി നൃത്യന് സവ സതത സതയ യുവതി ലോകൈ ഹി അർപ്പിതം ുഗ്ധ്യാപി ചിലപ്പോഴൊക്കെ കാച്ചിയ പാലും അവര് കൊടുക്കും സദയ ദയ അതായത് ഗോപസ്ത്രീകൾ ദയ കൊണ്ട് കൊടുക്കും അത്ര കുട്ടിക്ക് ഉള്ള ആട്ടവും പാട്ടവും ചെയ്യിപ്പിച്ച് ചാടി കളിപ്പിച്ചിട്ടും എന്നിട്ട് സതയം കൊണ്ട് ത്രിപാല് ത്രിവെണ്ണ അങ്ങനെ വേണ്ടതാണ് ഭഗവാൻ വെണ്ണ തരണമെങ്കിൽ ഒന്ന് ഡാൻസ് കളിക്കണം വെണ്ണ തരണമെങ്കിൽ ഒന്ന് പാട്ട് പാടണം വെണ്ണ തരണമെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നിട്ട് ഞാൻ വെണ്ണ തരാം അങ്ങനെ ഇപ്പൊ എനിക്ക് വേണ്ട നിങ്ങളുടെ വെണ്ണ ഞാനേ നിങ്ങളുടെ വെണ്ണയ്ക്ക് വേണ്ടി പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും ഒന്നും പറ്റില്ല നൃത്തം ചെയ്യാനും ഒന്നും പറ്റില്ല പൂർവമാം നിങ്ങളുടെ അടുത്ത് വന്ന് വെണ്ണ തരൂ വെണ്ണ തരൂ കൈനീട്ടാനും വയ്യാനിക്കും മഹാബലിയുടെ മുമ്പില് പണ്ട് പോയിട്ട് വാമനനായിട്ട് കൈനീട്ടിയതാണെ ഈ ഇടച്ചി പെണ്ണങ്ങളുടെ അടുത്ത് പോയി കൈനീട്ടേ മമ ഖലു യാജനം യാചനം പൂർവമസ്ത പുനരബല അഗ്രതോ നൈവു വിഹിതമതിജ്യ യാച്യാ ദധികൃതമരഹ് ചരുണാ ചോരണേനൊടങ്ങി ഭഗവാൻ തന്റെ ജോലി വത്സന് മുഞ്ഞ്ജൻ കോശ സഞ്ജാസേ സ്വാഗത്യതധിപയ കൽപ്പൈസ്തേയോ മർക്കൻ ഭോക്ഷിൻ വിഭജതി സജേ ഭണ്ഡം വിനത്തിവ്യാഭേ സ ഗൃഹകു യാതി ഉപകോശ്യത്തോ അടുത്ത വീടുകളിലേക്കൊക്കെ ഓടി ചെന്ന് കയറി പാവം അവർക്കൊന്നും ജനലോ ഗ്രില്ലോ ഒന്നുമില്ല എങ്ങനെ വേണമെങ്കിൽ ഉള്ളില് കയറാം കയറിജന് തൊഴുത്തിൽ പശുവിനെ കെട്ടിയിട്ടുണ്ടെങ്കിൽ കിടാവിനെ അഴിച്ചുവിടും കിടാവ് നല്ല വെണ്ണം പാല് കുടിച്ചു എന്താ കൃഷ്ണന്റെ ഫിലോസഫി എന്റെ അമ്മയുടെ പാല് ഞാൻ മാത്രമാണോ കുടിച്ചത് അത് വേറെ ആർക്കും കൊടുത്തില്ല അതുപോലെ പശുവിന്റെ പാല് കിടാവിനാണെന്ന് അതെങ്ങനെ ഈ കിടാവിന് കുറച്ചു പാല് കൊടുത്തിട്ട് ബാക്കി കിടാവിനെ കെട്ടിയിട്ടിട്ട് ബാക്കിയുള്ള പാല് മുഴുവൻ കറന്നെടുക്കണത് കൃഷ്ണൻ കണ്ടു അത് ശരിയാവില്ല അതാണ് കിടാവിന് പാവം സമദർശിത്വം സർവഭൂത സുഹൃത്ത് ഭാവം ആരംഭത്തിലെ തുടങ്ങി ഇവിടുന്ന് സർവധർമാൻ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാൻഹി ഇവിടെ ധർമ്മഗ്ലാൻ ഇവിടുന്ന് തൊട്ട് തുടങ്ങണം ധർമ്മരക്ഷണം ഇപ്പൊ കിടാവിനെ അഴിച്ചുവിട്ടു കിടാവിനെ അയച്ചുവിട്ടു എന്നിട്ട് അഴിച്ചുവിട്ടു കിടാവ് ഒരുമാതിരി പാല് കുടിച്ചു കഴിഞ്ഞ ശേഷം ജനലിൽ കൂടെ നോക്കി ഒരു പതിനെട്ട് വയസ്സുള്ള പെൺകുട്ടി കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്ന് തലചേകി പൊട്ടിട്ടുകൊണ്ടിരിക്കുന്നു ഗോപിക വിളിച്ചു പറഞ്ഞു മുത്തശ്ശി നിങ്ങളുടെ വീട്ടിലത്തെ കന്നുകുട്ടി ഏതാ അഴിച്ചുകൊണ്ട് ഓടണോന്ന് പറഞ്ഞു അവളെ മുത്തശ്ശീന്ന് വിളിച്ചാൽ എങ്ങനെയുണ്ടാവും അവൾക്ക് വയസ്സ് പതിനെട്ട് അവളെ അവളെ അലങ്കാര അലങ്കാരം ചെയ്തുകൊണ്ട് നിൽക്കുമ്പോ മുത്തശ്ശി നിങ്ങളുടെ വീട്ടിലേക്ക് കന്നുകുട്ടി അഴിച്ചു കൊണ്ട് ഓടണെന്ന് പറഞ്ഞാ വത്താൻ മുഞ്ചൻ എന്നിട്ട് ക്രോശ സഞ്ജാതഹാ സഹ ചിരിച്ചുകൊണ്ട് പോയി അവനെ എങ്ങനെയോ ഒരു ദിവസം ഒരു ഗോപിക പിടിച്ചു പിടിച്ചു നിർത്തിയിട്ട് ചോദിച്ചു ആ സമയേ ഇപ്പ ആരണ തന്നെ കൊണ്ട് വരാൻ പറഞ്ഞത് പിന്നെ ഞാൻ എപ്പോ വരണം ഇതാണോ വരാനുള്ള സമയം എടച്ചി തനിക്കെന്തറിയാം ഏത് വരാനുള്ള സമയം ഏത് വരാൻ പാടില്ലാത്ത സമയമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ലേ എപ്പോ വരണം എപ്പ വരണ്ട നീയാണോ തീരുമാനിക്കേണ്ടത് യഥാ യഥാ ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അപ്പൊ ഞാൻ വരും അതിന് അസമയേന്ന് സമയമോ അസമയമോ തീരുമാനിക്കാൻ നിങ്ങളാണ് ഗോപികകളാണ് ആളുകൾ ഇവൻ പറയുന്നത് അവർക്ക് മനസ്സിലാവോ അവര് എന്തിനാ ഇപ്പൊ കന്നുകുട്ടിയെ അയച്ചുപെടാനായിട്ട് ഈ അസമയത്തിൽ വന്നതെന്നാണ് ചോദിച്ചത് ഇവൻ പറയണു യഥാ യഥാ ഹി ധർമ്മശ്രീകൾ ആയുർഭവത്തി ഭാരത് എന്തിനാ ഇപ്പൊ വന്നത് തന്നെ വരും ഇതാണ് ഞാൻ വരേണ്ട സമയം എന്തിനാടാ അഴിച്ചുവിട്ടത് അഴിച്ചുവിടാൻ തന്നെ വന്നിരിക്കണത് എല്ലാത്തിനെയും അഴിച്ചുവിടണം മുഞ്ച മുഞ്ച അലമിതി പ്രഭാഷണി ആരൊക്കെ പറയണു അവരെയൊക്കെ അഴിച്ചുവിടും അതും ഇവൾക്ക് മനസിലാവൂ അഴിച്ചുവിടാൻ തന്നെ വന്നിരിക്കണത് ഞാൻ ഇപ്പൊ വന്ന് അഴിച്ചുവിട്ടിട്ടില്ലെങ്കിൽ കുറെ കാലം പിടിക്കാം ക്രോശസഞ്ജാതാ സഹ സ്ഥേയം സ്വാദു അത്തീ ഗോപസ്ത്രീ വന്ന് യശോദയോട് വന്ന് പറഞ്ഞു അമ്മ ആ കുട്ടിയെ കൊണ്ട് തോറ്റു അവൻ എന്ത് ചെയ്യണുന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ വന്നു വീട്ടിൽ വന്ന നല്ല നല്ല വെണ്ണ രണ്ടാഴ്ചയായി ശേഖരിച്ച് ശേഖരിച്ച് വീട്ടിലുള്ളവർക്ക് ഉപസ്തരണത്തിന് മാത്രം നെയ്യെടുത്ത് വെച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്തു വെച്ചിരിക്കുന്നു ബാക്കിയുള്ളതൊക്കെ ശേഖരിച്ച് ശേഖരിച്ച് വെണ്ണയെ അങ്ങനെ നല്ല വെണ്ണം കട്ടിയായിട്ട് ഭരണി നിറച്ച് വെച്ചിട്ട് ഇവൻ വരുന്ന ആർക്കെങ്കിലും അറിയോ ഏത് സമയത്തിൽ വരണൂന്നേ അറിയണില്ല വന്ന് അത് മുഴുവൻ സ്വാദു അത്തീ നല്ല സ്വാദായ വെണ്ണം മുഴുങ്ങി സ്വാദു ആണെങ്കിൽ അത്തി അല്ലെങ്കിലോ ഭാണ്ടം ഭിനത്തി ഇവൻ നല്ല സ്വാദിഷ്ടമായ വെണ്ണയാണെങ്കിൽ കഴിക്കണു ഇല്ലെങ്കിലോ അത് ഭരണിയിട്ട് പൊട്ടിച്ചു ഞങ്ങളുടെ വീട്ടിലെ ഭരണി എന്തിനാണ് ആ കണ്ണാ പൊട്ടിച്ചത് നാത്തി ഭാണ്ഡം ഭിനത്തി അമ്മ വെണ്ണ നാറണു എന്നാണ് ഇങ്ങനെയോ ഉണ്ടോ ഒരു വെണ്ണ ആ വീട്ടിനകത്ത് പോകുമ്പോഴേ നാറണു പണ്ടം വിനത്തി നാട്ടിലുള്ള പിള്ളാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് എന്തോരു ഔദാര്യം വെണ്ണ വാരി കൊടുക്കും പേര് കിട്ടാൻ വേറെ എന്ത് വേണം വേറെ ആരുടെങ്കിലും വീട്ടില് വെണ്ണ എടുത്ത് അമ്പലത്തിൽ പ്രസാദം കൊടുക്കുമ്പോ ഓരോരുത്തർക്ക് കൈ ഇങ്ങനെ ഇങ്ങനെ വരും വീട്ടിൽ പോയാൽ കൊടുക്കില്ല സാധന അവിടെ കൊടുക്കുമ്പോ എന്താ സപ്താഹത്തിന് നമുക്ക് ഇപ്പൊ വിളമ്പുവാണെങ്കി എടുത്തെടുത്ത് വിളമ്പാം അവരവരുടെ വീട്ടിൽ കൊടുക്കണം ഇപ്പൊ ഇത് വേറെ വീട്ടിൽ പോയിട്ട് അതാണ് അത്ര ഭഗവാൻ പറഞ്ഞു എല്ലാ എന്ത് എതും എന്ത് വരണ എല്ലാവർക്കും വെണ്ണ വാരിക്കോലി വാരിക്കോലി കൊടുത്തു കുട്ടികൾക്ക് കൊടുത്താൽ പോട്ടെ ഉള്ള കൊരങ്ങന്മാരെയൊക്കെ ഒളിച്ചോണ്ട് വരണു മർക്കാൻ ഭോക്ഷ്യന് മെർക്കാൻ കൊരങ്ങന്മാരെയൊക്കെ വിളിച്ചുണ്ടോ മർക്കോട കിശോരൻ കുട്ടിക്കൊരങ്ങന്മാരെയൊക്കെ വിളിച്ചോളൂ ഗോപാലൻ നായയുടെ പുസ്തകത്തില് മർക്കാൻ എന്നുള്ളത് പൂച്ചക്കുട്ടി എന്നാണ് ഏറ്റണം കൊരങ്ങന്മാരാണ് കൊരങ്ങന്മാരെ വിളിച്ചോണ്ട് വന്ന് എല്ലാത്തിനും വെണ്ണ കൊടുക്കും മർക്കാൻ ഭക്ഷ്യന്ന് നാരായണീയത്തിൽ ഓതവേ പൂച്ചക്കുട്ടി പ്രതി നവനവനീതം ഗോപികാദത്തം മമ ധി ഘൃതമോഷേ ഘോഷയോഷാജനം അഭജത ഹൃദി രോഷഹാനാവകാശം ശോക അവർക്ക് ദേഷ്യം കോപം ഒന്നും തോന്നിയില്ല ആ കണ്ണൻ വെണ്ണ കെട്ടപ്പോ എന്താ ഹൃദയമി മുഷിത്വ ഹർഷ സിന്ധൂനോഹാധിനാഥ ഹൃദയവും മോഷ്ടിച്ചു വെണ്ണ മാത്രമല്ല നമ്മുടെയൊക്കെ മനസ്സ് പാലുപോലെ ഇരിക്കണു സത്സംഗത്തിലെത്തി കുറച്ചൊക്കെ വേദാന്ത വിചാരം ചെയ്താൽ പാലില് ഒറയൊഴിച്ചാൽ തൈരാകും അല്ലേ ഇവിടെ വിവേകമാവുന്ന മോരിന്റെ ഒരു തുള്ളി അവിടെ വീണാൽ നമ്മളുടെ മനസ്സിൽ പാലില് തൈരുപോലെ ആയിട്ട് തീരും പൂർണമായി തൈരായിട്ട് കിട്ടും എന്നിട്ട് എന്തുവേണം ആ തൈരു പോലെയുള്ള മനസ്സിനെ വീട്ടില് കൊണ്ടുപോയി വെച്ചിട്ട് തനിച്ചിരുന്ന് കടയണം കടയുമ്പോൾ ആ തൈരില് ജ്ഞാനമാവുന്ന വെണ്ണ പൊന്തി വരും വെറും പാലിനെ കടഞ്ഞാൽ വെണ്ണ കിട്ടില്ല വെറും പാലിൽ സത്സംഗത്തിൽ നിന്നും വിവേകത്തിന്റെ ഒരു തുള്ളി വീഴും വീണാൽ അത് തൈരായിട്ട് നിൽക്കും പിന്നെ ഏകാന്തത്തിലിരുന്ന് നല്ല വെണ്ണം കടഞ്ഞാൽ സ്വദേഹം അരണിം കൃത്വ പ്രണവം ച ഉത്തരാരണിം ധ്യാന നിർമ്മഥനാഭ്യാസ ധ്യാനമാവുന്ന മഥനം ചെയ്താൽ അതിൽ ജ്ഞാനം വെണ്ണയായിട്ട് പൊന്തി അങ്ങനെ പൊന്തി ആ വെണ്ണ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താ ഹൃദയമേ പൊന്തു ഹൃദയം അങ്ങനെ വികസിച്ച് നിന്നാൽ ആരോടും ചോദിക്കാതെ കൃഷ്ണൻ ഉള്ളിൽ വന്ന് ആ ഹൃദയമിമുഷിത് ഹർഷസിന്ധ്യാ ഹൃദയത്തിനെ മോഷ്ടിച്ചു കൊണ്ടുപോയി പരമാനന്ദത്തിൽ ആരാടിപ്പിക്കും ഭഗവാൻ അങ്ങനെ മോഷ്ടിക്കുകയാണ് കണ്ണൻ ജ്ഞാനമാവുന്ന വെണ്ണയെ ഹൃദയത്തിൽ കയറി മോഷ്ടിക്കുകയാണ് നവനീത അങ്ങനെ ഭഗവാൻ ഉള്ളിൽ സകല വീടുകളിലും ഹൃദയമപിമുഷിത്വ ഹർഷസിന്ധവും യഥാസ്ത്വം ഒരു ഗോപിക അവരുടെ വീട്ടില് ഇപ്പൊ കല്യാണം കഴിച്ചു വന്നിട്ടേ ഉള്ളൂ മരുമകള് അവിടെ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും എപ്പോഴും ലഹള അമ്മായിയമ്മ മരുമകളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എല്ലായിടത്തും ഉള്ള പോലെ മരുമകളും വിട്ടുകൊടുക്കണില്ല രണ്ടും ഭയങ്കര തല്ലു അടിയും ീടെ അല്ലെങ്കിലെ തടി പട്ടണത്തിന്ന് വന്നതാണ് അപ്പൊ അമ്മായി അമ്മ മരുമകളോട് പറഞ്ഞു രണ്ടു മൂന്നു ദിവസമായി വെണ്ണ ശേഖരിച്ചു വെക്കണതൊന്നും കാണണില്ല നീയാണെങ്കി തടിച്ചു തടിച്ചു വരണം അവൾ പറഞ്ഞു അയ്യോ ഇത് ഞാൻ എടുത്തിട്ടില്ല അനാവശ്യമായിട്ട് എന്നെ പറയരുത് എല്ലാരും പറയണു ആ നന്ദഗോപന്റെ കുട്ടി കൂട്ടമായിട്ട് കുട്ടികളെയും കൂട്ടിക്കൊണ്ടു വന്ന് കണ്ട വീട്ടിലൊക്കെ കയറണം അവൻ തന്നെ എടുത്തിട്ടുണ്ടാവും പാവം ആ കുട്ടിയെ കുറ്റം പറയണു അത് മെലിഞ്ഞു മെലിഞ്ഞു വരണു നീ തന്നെ വെണ്ണ തിന്നിരിക്കണത് കൃഷ്ണനാണ് വെണ്ണ തിന്നതെന്ന് വെച്ചാൽ പിടിച്ചു തരൂ ഞാൻ നോക്കട്ടെ അപ്പൊ ഇവൾ നിശ്ചയിച്ചു അമ്മായി അമ്മയ്ക്ക് കൃഷ്ണനെ കാണിച്ചു കൊടുക്കണം വെണ്ണ തിന്നത് കൃഷ്ണനാണ് കാണിച്ചു കൊടുക്കും അപ്പൊ എന്തു ചെയ്തു അമ്മായി ഒരു ദിവസം പുറത്തെവിടെയോ കുളിക്കാനോ എവിടെയോ പോയ സമയം നോക്കി ഇവൾ കൃഷ്ണൻ വരണ സമയമായി എന്നറിഞ്ഞ് ഇവൾക്കും കുളിക്കാൻ പോണം അപ്പൊ വാതില് ഒരു മണി കെട്ടിത്തൂക്കി വാതില് തുറന്നാ അടിക്കാനായിട്ട് മണി കെട്ടി തൂക്കിട്ട് ശബ്ദം അറിയാനായിട്ട് എന്നിട്ട് പോയി പോയ സമയം നോക്കി കൃഷ്ണൻ വന്നു നോക്കിയപ്പോ ആ വാതിൽ ഒരു ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു തുറന്നാ അടിക്കും എന്താ വഴി നാവ് മണിയുടെ രാവിലെ എഴുന്നേറ്റ് നേരെ പോന്നതാണ് ഉടുത്തിരിക്കുന്ന പട്ടുകോണൊക്കെ അഴിച്ച് മണിയെടുക്കായിരുന്നു കെട്ടി വായിലൊന്ന് കെട്ടി എന്നിട്ട് നേരെ ഉള്ളിൽ പോയി ഉത്തരത്തില് കയറി ഉത്തരത്തിലാണ് വെണ്ണ തൂക്കി വെച്ചിരിക്കണത് വെണ്ണ എടുത്തു വായി അവിടെ തിന്നുകൊണ്ടിരിക്കുമ്പോഴാ ഇവൾ വന്നത് മരുമകൾ ആ നീ ഇപ്പൊ കയ്യിൽ കുടുങ്ങി അമ്മായി അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ഞാൻ അപ്പോ അവിടുന്ന് അയ്യോ ഞാൻ വായിൽ വെണ്ണയും ഉണ്ട് അവളോട് പറഞ്ഞു എന്നെ കാണിച്ചു കൊടുക്കരുത് ഞാൻ ഇനിയൊന്നും അറിയില്ല നിന്നെ എനിക്ക് വല്യ ഇഷ്ടമാണെന്ന് അവളെ കൊറേ പുകഴ്ത്തി അവൾ പറഞ്ഞു നീ എന്നെ വാക്ക് മധുരമായി വാക്ക് പറഞ്ഞു മയക്കൊന്നും വേണ്ട ഞാൻ ഇന്ന് തന്നെ കയ്യോടെ അമ്മായി അമ്മക്ക് പിടിച്ചു കൊടുക്കാൻ പോണെന്ന് പറഞ്ഞ പതുക്കെ ഇറക്കി ഇറക്കിയപ്പോ വായി നിറ വെണ്ണയുണ്ട് വെണ്ണയെ ഇവളുടെ മുഖത്തേക്ക് പൂത് കാമൊറ്റുപ്പുതുപ്പിത്ര തുപ്പി ഇവളുടെ മുഖം നിറയെ വെണ്ണ നിറഞ്ഞ് എന്ത് സംഭവിച്ചു അറിയുന്നതിന് മുമ്പ് ഒറ്റ ഓട്ടം ഓടിക്കഴിഞ്ഞ് ഇവൾ എവിടെയെന്ന് വാതില് തുറന്ന് നോക്കുമ്പോ അമ്മായി അമ്മ വരണു വരുമ്പോ ആ ഇപ്പൊ പച്ച മുഖം നിറയെ വെണ്ണ അപ്പൊ വെണ്ണയൊക്കെ തിന്നുക അല്ലെ ഞാനില്ല അയ്യോ അവനാണ് യവൻ കൃഷ്ണൻ കൃഷ്ണൻ പാവം ആ കുട്ടി ഇവിടെ വന്നിട്ടേ ഇല്ല വായി നിറയെ വെണ്ണ മുഖം നിറയ വെണ്ണ ഇങ്ങനെയൊക്കെ അനേക ലീലകൾ ഭഗവാന്റെ ഓരോ ഭക്തന്മാരും ഓരോ രീതിയിൽ ഭഗവാന്റെ ലീലകളെ ആസ്വദിക്കുന്നു ഒരിക്കല് ഭഗവാൻ മണ്ണ് തിന്നു എന്ന് പറഞ്ഞിട്ട് ബലരാമസ്വാമി എല്ലാവരും നോക്കുമ്പോൾ മണ്ണ് വാരിവാരി വാരിവാരി തിന്നു അവര് ചോദിച്ചു കൃഷ്ണ എന്തിനാ മണ്ണ് തിന്നത് മരുന്ന് മരുന്ന് മരുന്ന് എന്ന് പറഞ്ഞു അത്രേ ഇവർക്ക് എന്ത് മനസ്സിലാവും മണ്ണ് മരുന്ന് എന്തിനും മരുന്ന് മരുന്ന് വിഷം പൂതനെ വിഷത്തിന് ആന്റിഡോട്ടേ മരുന്ന് മണ്ണ് അപ്പൊ മണ്ണ് വാരി വാരി വാരി തിന്നണു മണ്ണെടുത്ത് വായിൽ വായിലിടണു ഐ ദേവ പുരാകിലയബുദ്ധാനെ പരിജൃംഭണത്തോ വി വതനെ വിശ്വമചഷ്ടവി ഒരിക്കല അങ്ങനെ കണ്ടു ഒരിക്ക വെറുതെ കിടക്കുമ്പോ മടിയില് വായു തുറന്നോടനെ സകല ജഗത്തുകളും ഒരിക്കൽ കണ്ടു രണ്ടാമതൊരിക്കെ മണ്ണ് തിന്നു എന്ന് പറഞ്ഞപ്പോ പിടിച്ചു കൊണ്ടുവന്നു എന്തിനാടാ മണ്ണ് തിന്നത് ആര് പറഞ്ഞു കസ്മാത് മൃത മതാന്താത്മൻ ഭവാൻ ഭക്ഷിത ആര് പറഞ്ഞു മുസലി ആ മുസലം പിടിച്ചു നടക്കണ ബലരാമം പറഞ്ഞു മിഥ്യാമ്പ അവരൊക്കെ പറയുന്നത് മിഥ്യയാണെന്ന് കള്ളന്നല്ല പറഞ്ഞു മിഥ്യ നമുക്ക് മനസ്സിലാവോ ഈ ഭാഷയൊക്കെ പശ്യാനനം പ്രളയകാലത്ത് ഞാൻ എല്ലാം തിന്നും മണ്ണ് തിന്നും വെള്ളം കുടിക്കും തീ ഭക്ഷിക്കും കാറ്റ് മെഴുങ്ങും ആകാശത്തിനേയും മെഴുങ്ങും അങ്ങനെയുള്ള ആൾക്ക് ഒരു പിടി മണ്ണ് തിന്നാൽ വേറൊരു സൂക്കട് പിടിക്കോ എന്ന് വിചാരിച്ച് മൃദുപാഷണതോ രുചാഭവേ നിതി ഭീതാ ജനനി ചു കോസ കോപിച്ചു വി പറഞ്ഞാക്കത്തവനെ വായതോർക്ക് മൃത്സ്ന മസീഹേതി യശോദ താടനശൈശവ സന്ത്രസം വ്യാധിത വക്ാലോകിത ലോകാ ലോക ചതുർദ ലോകാളിം ലോകത്രയ പുരമൂല സ്തംഭം ലോകലോകമനോകം ലോകേശം പരമേശം പ്രണമതഗോവിന്ദ്രടിക്കാനായി കൈയോങ്ങുമ്പോ പേടിച്ചു നിക്കുന്നു വായു തുറക്കാ പറഞ്ഞപ്പോ ലോകാലോകിത ചതുർദശലോകാണ് ചതുർദശലോകങ്ങൾക്കും പൂലസ്തംഭമായിട്ടുള്ള വസ്തു സകല ജഗത്തിനെയും ഉള്ളില് കണ്ടു കുഹജി അഭിമൃദു മൃദുലവ ദർശനോത്സുക്കം മൃൽവദർശനോത്സുക്കം ജനനീം താം ബഹുതർപ്പീം നിഖിലും സകല ഭുവനങ്ങളെയും പ്രപഞ്ചത്തിനെ മുഴുവനും ആ വായിൽ കാണിച്ചുള്ളൂ ഒരു ക്ഷണനേരത്തേക്ക് തത്വജ്ഞാനമുണ്ടായി യശോദയ്ക്ക് സാക്ഷാത് പരമാത്മാവാണ് എന്തിനാ പലമുറ കാണിച്ചു കൊടുത്തത് അവിടെയാണ് അഖണ്ഡാനന്ദ സ്വാമി ഈ ശ്ലോക ഉദ്ധരിച്ചത് ബ്രഹ്മമാണ് എന്നുള്ളത് പലമുറ ദർശിപ്പിക്കണം എന്നാണ് അല്ലെങ്കിൽ കുട്ടിയാണ് എന്നുള്ള പാശം മാത്രം തോന്നും അതുകൊണ്ട് അസഹൃത്വ യധികം ഭവതി എത്ര നേരം എത്ര പ്രാവശ്യം കാണിച്ചു കൊടുത്താലാണോ തത്വജ്ഞാനം ദൃഢമാവുക അത്ര പ്രാവശ്യം ഉപദേശിക്കണം ഗുരു ഗുരു ഒരു പ്രാവശ്യമേ ഉപദേശിക്കുകയുള്ളൂന്ന് പറഞ്ഞാൽ പിശുക്ക് ശിഷ്യനെ എത്ര പ്രാവശ്യം ഉപദേശിച്ച് എത്ര പ്രാവശ്യം കേട്ടാൽ ദൃഢമായി ജ്ഞാനം അതുവരെ ഉപദേശിക്കണം അതേപോലെ എത്ര ദർശനം കൊടുത്താൽ ഈ ജീവൻ പരമാത്മാനുഭവം ദൃഢമാവുക അത്ര പ്രാവശ്യം ദർശനം കൊടുക്ക അതിനായി നിശ്ചയിച്ചിട്ടാണ് ഭഗവാൻ പലമുറ ഈ വായു കാണിച്ചു തുറന്നു കാണിച്ചു കൊടുത്തത് അങ്ങനെ ദൃതതത്വധികം തദാക്ഷണം ജനനീം താ പ്രണയേന മോഹയൻ ഉപാസജൻ ഭഗവൻ അദ്ഭുത ബാലിമാം ഒരു ക്ഷണ നേരത്തേക്ക് തത്വജ്ഞാനം ഉണ്ടായി അടുത്ത ക്ഷണനേരം എനിക്ക് വിശക്ണൂ അമ്മ പാല് തരൂ എന്ന് കരഞ്ഞപ്പോ മറന്നുപോയി ഇത്രയും അങ്ങനെ ഈ സകല പ്രപഞ്ചത്തിനെയും തന്നിൽ അല്പമൊന്ന് വിശ്വരൂപദർശൻ കാണിച്ചുകൊണ്ട് അർജുനന് വിശ്വരൂപം പോലെ ഇവിടെ വായ്ക്കകത്ത് രണ്ടു പ്രാവശ്യം വിശ്വരൂപം കൃഷ്ണാവതാരത്തിൽ അനേക പ്രാവശ്യം ഈ വിശ്വരൂപം ഭഗവാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പലർക്കും അവരവരുടെ പക്വതയ്ക്കനുസരിച്ച് കണ്ടു യശോദ അല്പം തത്വദർശനം ഉണ്ടായി ഗോപസ്ത്രീകൾക്ക് പലമുറ പലവിധത്തിൽ കാണിച്ചു കൊടുത്തു അവരുടെ മുമ്പിൽ ആവിർഭവിക്കുകയും തിരോഭവിക്കുകയും മറ്റും ചെയ്തു അവർക്ക് ഭക്തി ഉണ്ടായി അർജുനന് പേടിച്ചു ഭയേനജ പ്രവ്യഥിതം മനോമേ ഭയന്നു അർജുനൻ ദുര്യോധനനും കാണിച്ചു കൊടുത്തു കൂട്ടാക്കിയില്ല ഒരു വിന്ദ്രജാലമാണ് എന്ന് പറഞ്ഞു ഓരോരുത്തർക്കും ഓരോ രീതിയിൽ എങ്ങനെ അടുത്തത് ഉലൂകലബന്ധനമാണ് ഒരു രണ്ടധ്യായം വായിക്കാം കഥാതി വിമാകാരി സമുപസേതിവാൻ ഭവാൻ സ്തന്യലോലു നിവാരൻ ഒരു ദിവസം യശോദ തൈര് കടഞ്ഞുകൊണ്ടിരിക്കുമ്പോ കണ്ണൻ ഉറങ്ങി എഴുന്നേറ്റ് വന്നു എന്നിട്ട് യശോദയുടെ കൈ പിടിച്ചു വാങ്ങി മടിയിൽ കയറിക്കിടന്നു സുഖമായി പാല് കുടിക്കാൻ തുടങ്ങി വൈകുണ്ഠത്തിൽ ഭഗവാൻ ആര് പാല് കൊടുക്കും അപ്പോ സന്തോഷമായി അമ്മയുടെ മടിയിൽ കിടന്ന് പാല് കുടിക്കാൻ തുടങ്ങി അർദ്ധപീതകുചകുഡ്മളേ ത്വീ സ്നിഗ്ധഹാസമധുരനംഭുജേ ദുഗ്ധമീ പരിശ്രുതം അർദ്ധപീത കുചകുഡ്മളെ ഒരു പകുതി കുടിച്ചിരിക്കും അപ്പൊ നല്ല സന്തോഷം സ്നിഗ്ധഹാസ മധുരാന നമ്പുജേ വിരിഞ്ഞ താമര പോലെ സന്തോഷം കൊണ്ടും മുഖം വിരിഞ്ഞിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുപ്പിൽ വെച്ചിരിക്കുന്ന പാലങ്ങനെ പൊന്തി ഷൈ എന്ന് പറഞ്ഞ റീല് വീണ ശബ്ദം കേട്ടു അപ്പോഴേക്കും സംഭരമം ഭഗവാനെ ഭജിക്കുമ്പോ സംഭ്രമം പാടില്ല സ്വസ്ഥമായിട്ട് ഭജിക്കണം അതിനും ഭഗവാന്റെ കൃപ തന്നെ വേണം സ്വസ്ഥമായിട്ട് ഭജിക്കാൻ അല്ലെങ്കിൽ ഫോൺ വന്നോ അവിടെ ആരെങ്കിലും വന്നോ ഉമ്മർത്താരെങ്കിലും വന്നോ അടുത്ത വീട്ടിലാരെങ്കിലും വർത്തമാനം പറഞ്ഞോ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ അങ്ങനെ ഭജിച്ചാൽ ഭഗവാൻ കോപിക്കും ഭഗവാനെ ഭജിക്കുമ്പോ സംരമില്ലാതെ ഭജിക്കണം ഇവിടെ ഒരു സംരംഭം ഏർപ്പെട്ടു യശോദയ്ക്ക് അടുപ്പിൽ വെച്ച പാല് ഇതിനെക്കാളും മുഖ്യമായിട്ട് തോന്നി ഇറക്കി വെച്ചിട്ട് ഓടി പോയി പാലിറക്കാനായി പോയി അപ്പൊ ഭഗവാന് ദേഷ്യം വന്നു കൃഷ്ണന് കോപം വന്നിട്ട് ഞാനേ മടിയിൽ വന്ന് പാല് കുടിക്കുമ്പോ ഈ അടുപ്പിലുള്ള പാലാണോ വലുതായത് ഒരാഴ്ചയായിട്ട് വെച്ചിട്ടുള്ള വെണ്ണ മുഴുവൻ ഞാൻ ഇല്ലാതാക്കാം ഭഗവാന് പൂജിക്കാനിരിക്കുമ്പോ ഫോണ് വന്നു എന്ന് പറഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടന്റായിട്ടുള്ള ഒഫീഷ്യൽ മാറ്ററാണ് കൂവാതിരിക്കാൻ പറ്റില്ല ഓഫീസിലത്തെ കാര്യവും കേടുവരും ഇവിടത്തെ പൂജയും പോകും ഭഗവാനെല്ലാം തല്ലി പൊട്ടിക്കുന്നതാണ് അപ്പോ വചനം എന്ന് വെച്ചാ വചനത്തിൽ ശ്രദ്ധ ഉണ്ടാവണം സാമിപീത സംഘഭംഗതക്രോധാര പരിഭൂതചേതസ തൈരു കടയുന്ന കയറൊക്കെ കടിച്ചു പൊട്ടിച്ചു മത്തുകൊണ്ട് ഒന്ന് കൊടുത്തു തൈര് കൊടത്തിൽ അത് പൊട്ടി തൈരൊക്കെ അവിടെ വെണ്ണയും തൈരും ഒക്കെ പരന്നു മന്ത്രദണ്ഡം മത്ത് കടക്കോല് കൊണ്ടാ അടിച്ചത് തന്നാണ് അപ്പൊ ഗുരുവായൂരിപ്പം പറഞ്ഞു അത്രേ ഭാഗവതത്തിലെ അമ്മിക്കുഴവി കൊണ്ടുവന്നാ അടിച്ചതെന്നാണ് അമ്മിക്കുഴവി കൊണ്ടുവന്ന എടുത്തു അപ്പൊ ചെറിയ കുട്ടിയെ അമ്മിക്കുഴവി കൊണ്ടുവരണത് ഒന്ന് സംശയിച്ചിട്ടാണ് ഭട്ടതിരി കടക്കോലെന്ന് എഴുതിയത് ഗുരുവായൂരിപ്പ പറഞ്ഞു ഭട്ടതിരി അമ്മിക്കുഴവി തന്നെയാ കൊണ്ടുവന്നിട്ടത് വ്യാസം പറഞ്ഞതാ ശരി അവിടെ മത്തം ഉണ്ടായിരുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു അത്ര അമ്മിക്കുഴവി തന്നെയാ കൊണ്ടുവന്നിട്ടത് മന്ദദണ്ഡം ഉപഗ്രഹ്യപാഠീതം അപ്പോഴേക്കും അമ്മയ്ക്ക് അവിടെ ശബ്ദം കേട്ടിട്ട് അടി കൊണ്ടുവന്ന് തൈരുകുടം പൊട്ടിയ ശബ്ദം കേട്ടിട്ട് കയ്യിലൊരു കയറും എടുത്തുകൊണ്ട് വന്നു കയറും എടുത്തുകൊണ്ട് വരണ അമ്മയെ കണ്ടോടനെ കിട്ടിയ വെണ്ണയൊക്കെ വാരിക്കൊണ്ട് ഒറ്റവോട്ടം ഹർത്തും കുമ്പേ വിനിഹിതകര സ്വാദു ഹയ്യംഗവീനം ദൃഷ്ട്രഹണ ചടു മാതരം ജാത റോഷം യനെ വിശ്വഗുപ്ത സ്വാമി ദേശികൻ ഈ ലീലയെ ആസ്വദിക്കുമ്പോൾ പറഞ്ഞ സ്ലോ കയ്യിൽ വെണ്ണയെടുത്തുകൊണ്ട് ഓടുമ്പോ ഒരു കാലം അങ്ങട് വെച്ചോ ഒരു കാലം ഇങ്ങോട്ട് വെച്ച് ആലോചിച്ചോണ്ട് നിൽക്കുക അത്രേ പോണോ വേണ്ടയോ പോണോ വേണ്ടയോ പോണോ വേണ്ടയോ തിഷ്ഠൻ അമ്മയുടെ അടുത്ത് നിന്ന് ഇപ്പൊ നല്ല അടി കൊള്ളു അതുകൊണ്ട് ഓടി എവിടെങ്കിലും ഒക്കെ പോയി ഒളിച്ചിട്ട് കുറച്ചുനേരം കഴിഞ്ഞു വന്ന ഒന്ന് തണുക്കും അമ്മയല്ലേ ഓടാമെന്ന് തീരുമാനിച്ചു ഗച്ഛന് അപ്പോഴാണ് തോന്നിയത് എന്തിനാണ് അപ്പോഴേ ഓടിയത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വേണ്ട ഇപ്പൊ അടി കൊണ്ടാലും അത്ര വേദന ഉണ്ടാവില്ലേ നമ്മുടെ അമ്മയല്ലേ നാപകച്ച വേണ്ട ഓടി പോയിട്ട് അടുത്തുള്ള ഗോപികകളെയൊക്കെ വിളിക്കാം എന്നെ ശുപാർശയ്ക്കായിട്ട് വിളിക്കാം അടിക്കാൻ പാടില്ല എന്ന് പറയാനായിട്ട് അവരുടെ അടുത്തൊക്കെ പോയിട്ട് അതാണ് നല്ല ഐഡിയ എന്ന് തോന്നി തിഷ്ഠൻ നഷ്ടൻ അപ്പോഴാണ് അയ്യോ അവരുടെ വീട്ടിലൊക്കെ പോയി കട്ടിട്ടുണ്ടല്ലോ എല്ലാരും രണ്ടും കൊള്ളെന്ന് പറഞ്ഞാൽ അവരൊക്കെ കൂടെ വന്ന് കംപ്ലൈന്റ് പറഞ്ഞാണോ ന തിഷ്ഠന് മിഥ്യാഗോ കപട ഗോപൻ അങ്ങനെ കണ്ണടച്ചു കപടഗോപൻ തൽക്കാലം കണ്ണടച്ചു യശോധ ഒന്ന് പിടിച്ചു കുട്ടിയെ ഭട്ടതിരി ഇവിടെ പറയണത് എങ്ങനെയാന്ന് വെച്ചാൽ തെരഞ്ഞുകൊണ്ടുവരുന്നു യശോദ തെരഞ്ഞു കണ്ണനെ എങ്ങനെ തെരഞ്ഞുന്ന് വെച്ചാൽ വേദങ്ങളൊക്കെ ജ്ഞാനമാർഗം ഭക്തിമാർഗം രാജയോഗം മുതലായ മാർഗങ്ങളിലൂടെയൊക്കെ അന്വേഷിക്കണ ഭഗവാനെ അന്വേഷിച്ചു വേദമാർഗ പരിമാർഗിതം ഋഷ സന്തരി ദനവനീത മൂതവേ അവിടെ ഒരു ഒരലിന്റെ മേലെ ഒരു പൂച്ചക്കുട്ടിയെ പിടിച്ചിരുത്തിയിട്ട് അതിന്റെ വായിലിങ്ങനെ വെണ്ണയിട്ട് കൊടുക്കാത്രേ അങ്ങനെയാണ് കണ്ടത് പൂച്ചയുടെ മീശയിലൊക്കെ വെണ്ണ തേച്ചാൽ അമ്മ ഞാൻ കണ്ടില്ലേ ആ വെണ്ണ അതാ ഈ പൂച്ചയാണ് തട്ടിപ്പൊട്ടിച്ചതെന്ന് പറയാമല്ലോ അതിനുവേണ്ടി പൂച്ചയ്ക്ക് വെണ്ണ കൊടുക്ക അവിടെ കൊരങ്ങനും ഇവിടെ പൂച്ചയും മർക്കട കിശോരം മാർഗാ മാർജിഷോരന അങ്ങനെ പൂച്ചയ്ക്ക് വെണ്ണ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കണ്ടു സുഹൃദിനീ സന്ത ദർശ എത്ര ജന്മത്തിലുള്ള സുഹൃതം കൊണ്ട് കാണാൻ പറ്റും പരിപശ്യന്തി സൂരയ ഋഷികൾ കാണുന്നു പറയും അതുപോലെ കണ്ടു എന്നാണ് അതെങ്ങനെ കണ്ടു ജ്ഞാനമാർഗമോ ഭക്തിമാർഗമോ രാജയോഗമോ കർമ്മയോഗമോ ഒന്നുമല്ല സുഷായോഗം കോപയോഗം ഇവനെ പിടിച്ചാ നാല് അടി കൊടുക്കണം എന്ന് അങ്ങനെ തെരഞ്ഞു അങ്ങനെ കണ്ടു ഭഗവാനെ പിടിച്ചു നിർത്തിയിട്ട് കയ്യിലുള്ള കയറുകൊണ്ട് കെട്ടാൻ ശ്രമിക്കുകയാണ് അപ്പോഴും ഭട്ടതിരി പറഞ്ഞു ആരെയാണ് ബന്ധിക്കുന്നത് ബന്ധുമിച്ചത് യമേവ സജ്ജന ഏത് ഭഗവാനെ ബന്ധുവായി കിട്ടണം എന്ന് സജ്ജനങ്ങൾ ആശിക്കുന്നു ആ ഭഗവാനെ ബന്ധുമിച്ച് കെട്ടിയിടാൻ ആശിച്ചു രണ്ടും ബന്ധും കെട്ടിയിടാൻ ആശിച്ചു സാനുയുജ്യ രശനാഗുണാൻ ബഹുൻ ഗുണങ്ങൾ കൊണ്ട് അവനെ പ്രാപിക്കാൻ അറിയില്ല എന്ന് അറിഞ്ഞിട്ട് ഗുണം കൊണ്ട് കെട്ടിയിട്ട് ശ്രമിച്ചാ പറ്റുമോ ഗുണം എന്ന് വെച്ചാൽ കയറുന്നർത്ഥം സത്വരജസ്തമോ ഗുണങ്ങളോ എന്നർത്ഥം അപ്പോൾ കയറുകൊണ്ട് എത്ര കെട്ടിയിട്ടും രണ്ടങ്കുലം കുറവാണ് എന്താ ഈ രണ്ടങ്കുലം എന്നുവെച്ചാൽ ഞാൻ എന്റെ എന്നുള്ള വിചാരം ഈ ഞാൻ എന്റെ എന്നുള്ള വിചാരം വെച്ചുകൊണ്ട് എന്തൊക്കെ സാധന ചെയ്താലും ഭഗവാൻ വശപ്പെടില്ല ആയിരം ജപം ചെയ്തോളൂ യോഗ സാധനകൾ ചെയ്തോളൂ രാജയോഗം ചെയ്തോളൂ കർമ്മയോഗം ഭക്തിയോഗം എന്തൊക്കെ ചെയ്താലും അതിലൊന്നും വശപ്പെടില്ല ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ ഭഗവാനെ വലയിൽ പിടിക്കും എന്ന് വിചാരിച്ചാൽ പെടുകയേയില്ല പിന്നെ എപ്പോഴാ പെടുക എന്ന് വെച്ചാൽ പരിശ്രമിച്ച് പരിശ്രമിച്ച് പരിശ്രമിക്കുന്ന അഹങ്കാരത്തിന്റെ മൊനമ്പ് പൊട്ടിയാൽ യശോധ പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനം പറ്റില്ല എന്നായി സുഖബ്രഹ്മ മഹർഷി പറഞ്ഞു കെട്ടാൻ പറ്റോണ ബഹിർണ പൂർവ്വം പൂർവാപരം ബഹിശാന്ത ജഗതോയോ ജഗച്ഛയ ഈ മൈക്കിന്റെ ഈ കമ്പിയെ കെട്ടാം എന്താന്ന് വെച്ചാ ഇതില്ലാത്ത സ്പേസ് ഉണ്ട് അതിലൂടെ കെട്ടാം ഇവൻ ഇല്ലാത്ത ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അതിലൂടെയല്ലേ കയറേ വലിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇവൻ ഇല്ലാത്തൊരു സ്ഥലമില്ലാത്തത് കൊണ്ട് എവിടെ കെട്ടും എങ്ങനെ കെട്ടും അവൻ ഉള്ളില്ല പുറമില്ല ഉള്ളും പുറവും നിറഞ്ഞിരിക്കുന്നു ജഗത്തിനകവുംറവും നിറഞ്ഞിരുന്നു ജഗത്തേ അവൻറെ സ്വരൂപം അങ്ങനെയുള്ള ആളെ മത്വാ അർഭകം കൊച്ചുകുട്ടിന്ന് ധരിച്ച് കെട്ടാൻ പുറപ്പെട്ടു കൊറേ നേരം തളർന്നു വയ്യ രണ്ടങ്കുലം കുറവ് എത്ര ശ്രമിച്ചാലും പറ്റണില്ല അവസാനം തളർന്ന് ക്ഷീണിച്ച് വിസ്മിതോത്സ്മിത സഹീജനക്ഷിതാം സ്വിന്ന സന്ന വപുഷം നിരീക്ഷിതാം ആശ്ചര്യത്തോടുകൂടെ ഗോപസ്ത്രീകൾ ഇങ്ങനെ നോക്കണു അമ്മയോ വേർത്തു കുളിച്ച് തളർന്നുപോയപ്പോ നിത്യമുക്ത വപുഹു അപ്യഹോ ഹരേ നിത്യമുക്തനായ പ്രഭു കൃപ കൊണ്ട് പരമകാരുണ്യം കൊണ്ട് ബന്ധത്തിന് വഴങ്ങിക്കൊടുത്തു എന്നാണ് അതാണ് ബ്രഹ്മത്തിനെ കർമ്മം കൊണ്ട് പിടിക്കാൻ പറ്റില്ല എന്ന് വേദാന്തികൾ പറയണത് ഭക്തന്മാർ വേറെയൊരു ഭാഷയിൽ പറയണു രണ്ടു ഒന്ന് തന്നെ വേദാന്തികൾ പറയണത് ആയിരം കോടി കർമ്മം ചെയ്തോളൂ ഒരു കർമ്മം കൊണ്ടും ബ്രഹ്മത്തിനെ പിടിക്കാൻ പറ്റില്ല ബ്രഹ്മത്തിനെ ജ്ഞാനം കൊണ്ടേ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് ജ്ഞാനികൾ പറയും ഭക്തന്മാർ പറയും ഭക്തി കൊണ്ടേ പിടിക്കാൻ പറ്റുള്ളൂ രണ്ടു ഒന്ന് തന്നെ അവർ ജ്ഞാനം എന്ന് പറയുന്നതും ഇവർ ഭക്തി എന്ന് പറയുന്നതും ഈ സന്ദർഭത്തിൽ ഒന്ന് അവര് ജ്ഞാനം എന്ന് എന്തിനെ പറയണു എന്ന് വെച്ചാൽ അഹങ്കാരത്തിന്റെ പരിപൂർണമായ വിലയത്തിനെയാണ് ജ്ഞാനം എന്ന് അവര് പറയണത് ഭക്തന്മാര് പറയണതോ ഭക്തി എന്ന് പറയുന്നതിന് ശരണാഗതി ഭക്തി പറയണോ ശരണാഗതിയിലും അഹങ്കാരക്ഷയം ആത്മജ്ഞാനത്തിലും അഹങ്കാരക്ഷയം അഹങ്കാര ക്ഷയം ഏർപ്പെടുമ്പോ വസ്തുസൂക്ഷ്മ ദർശനം ഏർപ്പെടുന്നു അവിടെ സാധന കൊണ്ടല്ല സദ്ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ഇൻസ്റ്റന്റേനിയസ് റെക്കഗ്നേഷൻ അപ്പോഴേ വസ്തുവിനെ കാണുന്നു ഇതാ ബ്രഹ്മം പ്രകാശിക്കും അങ്ങനെ ഗുരുപദേശം കൊണ്ട് കൃപകൊണ്ടുവേണം പ്രകാശിക്കാൻ എന്നുള്ളത് ഈ ലീലയിൽ നിന്ന് കാണുന്നു അങ്ങനെ ഭഗവാനെ ഒരല് കെട്ടിയിട്ടു ദാമോദരൻ എന്നങ്ങനെ ഭഗവാന് പേര് ഉദരം എന്ന് വെച്ചാൽ വയർ വയറില് കയറ് കെട്ടിയത് കൊണ്ട് ദാമം കെട്ടിയിട്ടു അപ്പൊ കൃഷ്ണന് തോന്നി അവിടെ രണ്ട് മരങ്ങൾ നിൽക്കുന്നു അതിന്റെ നടുവിക്കൂടെ ഒന്ന് വലിച്ചാലോ കുബേരന്റെ മക്കളായ നളകൂപര മണിഗ്രീവന്മാര് കുബേരന്റെ മക്കളെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെയുണ്ടാവും അറിയേ വേണ്ട ഇഷ്ടം പോലെ പണം അല്ലെ എന്ത് വേണം എത്ര കിട്ടിയാലോ ആളുകൾക്ക് പോരാ ആ കിട്ടിയാലോ ഭോഗം ചെയ്ത് നടന്ന് ജീവിതം തൊലയ്ക്കും അർത്ഥം അനർത്ഥം ഭാവയനിത്യം അതാണ് ഇത്രയും പണം കൊണ്ട് കുടിച്ചു കൂത്താടി നാരദന്റെ മേലെ പോയി വീണു നാരദ മഹർഷി ഇവരെ ഒന്ന് നന്നാക്കാൻ വേണ്ടി ശപിച്ചു ഗോകുലത്തിൽ മരങ്ങളായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണോ മരമായിട്ട് നിന്നത് നാരദന്റെ ശാപം അനുഗ്രഹം കൃഷ്ണദർശനം ഏർപ്പെട്ടു ഭഗവാൻ ഈ മരത്തിന്റെ ഇടയിൽ കൂടെ വലിച്ചു മരം കടപുഴങ്ങി ചോട്ടൽ വീണു ഇവര് രണ്ടുപേരും ഭഗവാന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് ജഗത്പ്രണാമേ ദൃഷ്ടി സദാ ദർശനേസ്തു ഭവത്തനൂനാം ഭഗവാനെ വാക്കുകൊണ്ട് അങ്ങയുടെ ഗുണങ്ങളെ ചൊല്ലണം കൈകൊണ്ട് പൂജിക്കണം കണ്ണ് പരമ ഭക്തന്മാരായ സാധുക്കളെ കാണണം ഇതിനനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ചു ഭഗവാൻ അവരെ അനുഗ്രഹിച്ച് അവരെ അനുഗ്രഹിച്ച് അവർക്ക് മുക്തി കൊടുത്തു ഇങ്ങനെ ദാമോദരലീല അടുത്തത് വൃന്ദാവന പ്രവേശം കാളി അകാസുരവധം കാളിമോക്ഷം ബ്രഹ്മന്റെ സ്തുതി മൂത്തിലായിട്ടുള്ളതൊക്കെ നമ്മള് ഉച്ചക്ക് കാണാം സർവത്ര ഗോവിന്ദനാമസീർത്തനം